തിരുവനന്തപുരം കോഴിക്കോട് ടോൾസ്റ്റോയ്യുടെ ലോകപ്രസിദ്ധമായ യുദ്ധവും സമാധാനവും എന്ന നോവലിന്റെ നാടകീയാവിഷ്കരണം ഇപ്പോൾ കേൾക്കാം നാഗവള്ളി ആർ എസ് എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ നാടകത്തിൽ കുമാരി സുലോചന അടൂർ പങ്കജം രാജകുമാരി സി രാധാദേവി കെ ജി ദേവകിയമ്മ സി ഐ പരമേശ്വരൻപിള്ള കൈനിക്കര കുമാരപിള്ള ടി നായർ പി കെ നായർ എൻ സി പി കർമ്മചന്ദ്രൻ എബ്രഹാം ജോസഫ് ടി മാധവൻ നായർ പി ഗംഗാധരൻ നായർ കെ ജി സേരുനാഥ് എന്നിവർ പങ്കെടുക്കുന്നു ക്രിസ്തുവർഷം അന്ന് യൂറോപ്പിലാകമാനം ഒരേ ഒരു നാമമാണ് മുഴങ്ങിക്കേട്ടിരുന്നത് നെപ്പോളിയൻ ആ നാമശ്രവണത്തിൽ യൂറോപ്പിലെ രാജാക്കന്മാർ നടുങ്ങി ജനങ്ങൾ പരിഭ്രമിച്ചു സമാനരഹിതമായ സമരവീര്യത്തിന്റെ പര്യായമായിരുന്നു അത് ഓസ്ട്രിയ ജർമ്മനി ഇറ്റലി ബെൽജിയം എന്നീ രാജ്യങ്ങൾ അതിനു മുമ്പിൽ തലനമിച്ചു അതിനെ ചെറുക്കുവാനായി റഷ്യ തയ്യാറാവുകയാണ് മാസ്കോയിൽ അന്ന പവലോവ്ന എന്ന സ്ത്രീയുടെ ഗ്രഹത്തിൽ ഗംഭീരമായ ഒരു സൽക്കാരം നടക്കുകയാണ് സമുദായത്തിലെ പരിഷ്കൃത വനിതകളും അങ്ങയുടെ ഭാര്യ അവൾ നാട്ടിൻ പുറത്തുള്ള എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ് പാവ അവൾക്ക് ഗർഭിണിയുമല്ലേ ആ എന്നാ വരുന്നല്ലോ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് മുന്നിലെത്തി എന്താണ് എന്നെ പറ്റി രണ്ടുപേരും കൂടി കുറ്റം പറഞ്ഞത് കുറ്റമൊന്നുമല്ല നാട്ടിന് പുറത്തെ ജീവിതം രസിക്കുകയില്ലെന്ന് പറയുകയായിരുന്നു പറഞ്ഞിട്ട് ഈ അവസരത്തിൽ എന്നെ വിട്ടിട്ട് യുദ്ധത്തിന് പോകുമായിരുന്നു അല്ല എന്താണ് പറയുന്നത് ഈ അവസരത്തിൽ യുദ്ധത്തിന് പോകേണ്ടത് എന്റെ കടമയല്ലേ രാജ്യസ്നേഹമുള്ള ഏതൊരു യുവാവിന്റെയും അഹന്ത എന്ന് പറയും അതായിരിക്കും റഷ്യയിലേക്ക് മടങ്ങി എത്തിയിട്ട് നാലഞ്ചു മാസമേ ആയുള്ളൂ രാജകുമാരന്റെ വീട്ടിലാണ് താമസം ുങ്ങി ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ ഇയാൾ എന്റെ കൂടെ താമസമാക്കിയിട്ട് നാലഞ്ചാഴ്ചയായി എങ്കിലും ഇന്ന് ഇതുപോലൊരു സൽക്കാരത്തിൽ പങ്കുകൊള്ളുന്നല്ലേ അല്ലേ ശരിയാണ് െല്ല <laughs> <laughs> <laughs> ഞാനിന്ന് രാത്രി നിങ്ങളോട് ഉദ്ദേശിക്കുന്നു എന്താ പാടില്ല ഞാനദ്ദേഹത്തിലാണ് പിയർ ഇനി എന്താണ് ഉദ്ദേശം എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ വേണം പക്ഷെ മനസ്സിണങ്ങിയ ഒന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പത്ത് വർഷം ഒരു മതാചാരന്റെ കൂടെ വിദേശത്ത് പാർത്തു പലതും പഠിച്ചു പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് കണ്ടെത്തുവാൻ ആ പഠിത്തം സഹായിച്ചില്ല എന്താണത് സമാധാനം ആണെന്ന് എന്റെ മനസ്സ് സദാ മന്ത്രിക്കുന്നു എങ്ങനെയാണ് സാധിക്കേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല എന്നെങ്കിലും ഞാനത് അറിയും പട്ടാളത്തിൽ ചേരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ മനുഷ്യർ പരസ്പരം പടവരുന്ന എന്തിനെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് ഈ രാഷ്ട്രങ്ങളിൽ പരസ്പരം പിച്ചിക്കറി കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിനു മനുഷ്യർ യുദ്ധത്തിൻ്റെ ഭയങ്കര യാത്രകൾ അനുഭവിക്കാൻ സന്നദ്ധരാകുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആണോ എങ്കിൽ ഞാനും അതിന് തയ്യാറാകുമായിരുന്നു പടക്കൊരുങ്ങുന്ന റഷ്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആട്ടെ നിങ്ങൾ പോകുന്ന ഏ എന്തിനോ അതെ എന്തിനാ എന്തിനോ എനിക്കറിഞ്ഞുകൂടാ പോകണമെന്ന് മാത്രം അറിയാം അതുകൊണ്ട് പോകുന്നു ഒരു പക്ഷേ ഇവിടുത്തെ ജീവിതം രസിക്കാത്തത് കൊണ്ടായിരിക്കാം ആർക്കും അറിഞ്ഞുകൂടാ എന്തിനെന്ന് പക്ഷെ എല്ലാവരും പോകുന്നു എനിക്കറിയേണ്ടത് അതാണ് അത് മാത്രം അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നു ഒരു പക്ഷേ അതറിയാൻ പടക്കിടത്തിലേക്ക് തന്നെ പോകേണ്ടി വന്നാലും നിങ്ങളുടെ തർക്കം ഇനി രാജകുമാരി എന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നു ഉപേക്ഷിച്ചു പോകുന്നു എന്റെ അച്ഛന്റെയും സഹോദരിയുടെയും കൂടെ താമസിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അത് ഉപേക്ഷിക്കുന്നതിന് സമമാണ് ആ നാട്ടിൻ പുറത്ത് ആരുണ്ട് എനിക്ക് കൂട്ടായി എനിക്കത് ഓർക്കുവാൻ കൂടി വയ്യതിന്റെ മനസ്സിലാവുകയില്ല ഇതിന് ഞാൻ എന്തു കിട്ടും ഞാനൊരു കൊച്ചുകുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം എനിക്കതറിയാം ആറുമാസം മുൻപ് ഇങ്ങനല്ലായിരുന്നു കിടക്കൂ നേരത്തെ ഉറങ്ങണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ശരി പ്രിയപ്പെട്ട സ്നേഹിത കേൾക്കൂ എൻ്റെ ഉപദേശം കേൾക്കൂ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത് ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷമല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കരുത് നിങ്ങൾ പ്രേമിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്ന തരുണിയോടുള്ള അഭിനിവേശം അടങ്ങുന്നതുവരെ വിവാഹബന്ധത്തിലേർപ്പെടരുത് അല്ലെങ്കിൽ തിരുത്താൻ വയ്യാത്തൊരു തെറ്റായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഒന്നിനും കൊള്ളരുതാത്തവനാകുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഉത്കൃഷ്ടമായ കഴിവുകളെല്ലാം നിസ്സാര കാര്യങ്ങൾക്കായി ചെലവഴിച്ച് നശിച്ചുപോകൂ എൻ്റെ അനുഭവം സ്നേഹിത ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സകല സ്വാതന്ത്ര്യവും നശിച്ചു ആശയും ശക്തിയും അവസാനിച്ചു ജീവിതം ഒരു നീണ്ട പശ്ചാത്താപം സ്ത്രീ സ്ത്രീ എന്താണവൾ അഹന്ത അല്പത്വം അന്തസാരമില്ലായ്മ ഇവയുടെ ആകത്തുകയാണവൾ അവളുമായി ബന്ധപ്പെട്ടാൽ തുലഞ്ഞു അരുത് ചങ്ങാതി അരുത് നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായി കരുതുന്നതിന് ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങൾക്കെന്താണ് ഇല്ലാത്തത് എല്ലാമുണ്ട് എല്ലാം കഷ്ടം ചങ്ങാതി ഞാൻ നശിച്ചു കഴിഞ്ഞൊരു മനുഷ്യനാണ് ആ എന്നെപ്പറ്റിയുള്ള ഈ സംസാരം നിർത്തിയിട്ട് നിങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം എന്നെപ്പറ്റിയോ അതെ എന്നെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഞാൻ ആര് പേരോ പദവിയോ ഒന്നുമില്ലാത്തൊരു നിസ്സാരൻ പക്ഷേ ഞാൻ സ്വതന്ത്രനാണ് സംതൃപ്തനുമാണ് ഒന്ന് മാത്രം എനിക്കറിയണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ജോലിയിൽ എന്നെ ഉപദേശിക്കാമോ പ്രിയ സ്നേഹിത നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾക്കിഷ്ടമുള്ള ജോലിയിൽ ഏർപ്പെടു നിങ്ങൾ ചെയ്യുന്നത് എന്തും ശരിയായിരിക്കും പക്ഷേ ഒന്നുമാത്രം ശ്രദ്ധിക്കണം ആ ഖുറാഗിനുമായി കൂട്ടുകൂടി സമയം പാഴാക്കരുത് കുടിക്കുന്നതും സ്ത്രീകളുമായി കൂത്താടുന്നതും എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ആ ഖുറാഗിൻ്റെ കുടിയും കൂത്താട്ടവും ഈ ജീവിതം മാറ്റണമെന്ന് അയാളുടെ കൂട്ട് ഉപേക്ഷിക്കണമെന്ന് ഞാനും കുറേ ദിവസമായി വിചാരിക്കുകയാണ് ിൽ പങ്കെടുക്കുകയില്ല വളരെ പക്ഷേ അന്ന് രാത്രിയും പിയർ കുറാഗിൻ്റെ വസതിയിലെ മദ്യപാനമേളത്തിൽ പങ്കുചേർന്നു ആ സമയത്ത് അയാളുടെ അച്ഛനായ ബസഹൂഫ് പ്രഭു മരണത്തിൻ്റെ പടിവാതിക്കൾ കിടക്കുകയാണെന്ന വാർത്തയറിഞ്ഞ് പിയർ അച്ഛൻ്റെ അവസാന ദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അച്ഛൻ്റെ മരണശേലി കരിയിൽ മുട്ടുകുത്തിനിന്ന് ആ മകൻ പൊട്ടിക്കരഞ്ഞു അച്ഛൻ്റെ കരൻ ചുംബിച്ചു നിശ്ചലനായി കിടന്നിരുന്ന അച്ഛൻ മകനെ നോക്കി മന്ദഹസിച്ചിട്ട് കണ്ണുകൾ അടച്ചു ബസുഹോ പ്രഭുവിൻ്റെ മരണപത്രമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സകല സ്വത്തുക്കളുടെയും അവശി പിയറായി തീർന്നു ഇതേ സമയത്ത് മോസ്കോയിലെ റസ്റ്റവ് കുടുംബത്തിൽ ഒരു സൽക്കാരം നടക്കുകയാണ് റസ്റ്റവ് പ്രഭുവിൻ്റെ പുത്രിയായ നട്ടാഷയുടെ പതിനാലാമത് ജന്മദിനം ആഘോഷിക്കുന്നതിന് അവളുടെ ജ്യേഷ്ഠനായ നിക്കോളെ യുദ്ധത്തിന് പോവുകയാണ് അയാളുടെ ബാല്യസഖിയും കാമുകിയുമായ സോണിയ അതോർത്ത് സങ്കടപ്പെടുകയുമാണ് സോണിയ സോണിയ സോണിയ നീ ഓടി പോന്നെ എല്ലാവരും നിന്നെ തിരക്കിന്ന് പ്രത്യേകിച്ച് പോവുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരിക്കലും ഇല്ല അമ്മാവി ഒരിക്കലും അനുമതി മടുത്തരം പറയാതിരിക്കും ചേട്ടന് നിന്നോടുള്ള സ്നേഹം നിനക്കറിഞ്ഞുകൂടെ അതുകൊണ്ട് എന്തു ഫലം ഞാൻ ആരാ നിങ്ങളുടെ ഒരു അകന്ന ബിന്ദു ദരിദ്ര നിങ്ങളുടെ അവതാരം കൊണ്ട് കുട്ടിക്കാലം മുതൽ ഇവിടെ താമസിക്കുന്നു പക്ഷേ അവകാശമില്ല നീ ഇത്ര മടുകയാണ് അല്ലാതെ മറ്റാരെയും ചേട്ടൻ വിവാഹം കഴിക്കില്ല സത്യം പറയുന്നു ഇനിയും സംശയമല്ല ഇതാ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പോയേക്കാം എന്താണ് ഇത് സോനിയ അല്ല നീ കരയായി ഒന്നുമില്ലേ പറയൂ എന്നെ വിട്ടിട്ട് പോയിട്ടുള്ളൂ സോണിയ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ഈ ലോകത്തിൽ നിന്നേക്കാൾ വലുതായി എനിക്ക് യാതൊന്നുമില്ലെന്ന് നിനക്കറിഞ്ഞൂട് വേണ്ട എന്നെ പറഞ്ഞ് കളിപ്പിക്കണ്ട കഷ്ടം ഓമനെ നീയാണെൻ്റെ സകലത് എഴുന്നേൽക്കൂ ഈ കണ്ണുനീര് തുടച്ച് പുഞ്ചിരിയോടെ യാത്രയാക്കൂ െത്തി അച്ഛൻ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും അച്ഛൻ്റെ ദിനചര്യകളെല്ലാം ക്ലിപ്തപ്പെടുത്തിയവയാണ് യാതൊന്നിനും അച്ഛൻ്റെ സമയനിഷ്ഠയ്ക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല ആ ഇതാ അച്ഛൻ്റെ വേലക്കാരൻ വരുന്നല്ലോ സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ ലിസ അച്ഛൻ ഇരുപത് നിമിഷത്തിനുള്ളിൽ ഉണരും അതിനകം നമുക്ക് മേരിയെ കാണാം വരൂ അത് മേരിയുടെ മുറിയിൽ നിന്നാണ് ഉയരുന്നത് അവൾ സാധകം ചെയ്യുകയാണ് നമുക്ക് ശബ്ദമുണ്ടാക്കാതെ ചേച്ചി മെലിഞ്ഞു പോയി മേരി ഇന്നലെ രാത്രി ഞാൻ ചേച്ചി സ്വപ്നം കണ്ടു അപ്പോൾ ഞങ്ങളെ നീ പ്രതീക്ഷിച്ചില്ലല്ലേ ചേട്ടാ ക്ഷമിക്കണം ഞാൻ ചേട്ടനെ കണ്ടതേ ഇല്ല ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ എന്നെ മറന്നുപോയി അല്ലേ ചേട്ടാ െ നിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ അവൾ അല്പം വിശ്രമിക്കട്ടെ ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം അച്ഛൻ ഉണരേണ്ട സമയമായി അതാ വേലക്കാരൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഓ യോദ്ധാവത്തിയോ നിനക്ക് ബോണപ്പാട്ടിനോട് യുദ്ധം ചെയ്യണമല്ലേ അയാളെ ശരിക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അയാൾ നമ്മയെല്ലാം അടിമകളാക്കി കളയും ആ നിനക്ക് സുഖമല്ലേ മകനെ ഇതാ ഈ കൗളിൽ ചുംബിക്കൂ അച്ഛ ഞാൻ ഭാര്യയെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അച്ഛന് സുഖക്കേടൊന്നുമില്ലല്ലോ വിഡ്ഢികൾക്കും വഷളന്മാർക്കും ഉള്ളതാണ് സുഖക്കേട് നിനക്കെന്റെ ശീലമറിയരുതേ രാപകൽ പണിത്തിരക്കാണ് യാതൊന്നും അമിതമായിട്ട് ഉപയോഗിക്കുകയില്ല അതുകൊണ്ട് യാതൊരു അസുഖമില്ല വലിയ പങ്കൊന്നുമില്ല അത് പോകട്ടെ യുദ്ധത്തെ പറ്റി പറയും ജർമ്മൻകാരുടെ അടവ് എന്താണ് ആസ്ത്രീയായും ശിവരനും എന്താണ് ഭാവം ഞാൻ ഇപ്പോഴെത്തിയതേയുള്ളു ക്ഷീണം തീർക്കാൻ അനുവദിക്കണം വിഡ്ഢകൾ എല്ലാം വിഡ്ഢകൾ പോലെ നിന്റെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊള്ളും നീ എന്നാണ് പുറപ്പെടുന്നത് നാളെ വൈകുന്നേരം ശരി പോകുന്നതിന് മുമ്പായി എന്നെ കാണണം കേട്ടോ കാണാം ചേട്ടാ ഇന്ന് തന്നെ പോകുന്നുണ്ടോ എന്താണ് എനിക്ക് ചേട്ടനോട് തനിയെ ചിലത് പറയാനുണ്ട് ഇനി നാം തമ്മിൽ കാണുന്നതെന്നാണെന്ന് ആർക്കറിയാം എൻ്റെ മുറിയിൽ ക്ഷീണിച്ചിടന്നുറങ്ങുകയാണ് ചേട്ടത്തി ഒരു അമൂല്യനിധിയാണ് എനിക്ക് നന്നെ പിടിച്ചു ചേട്ടാ പരിഷ്കൃത ജീവിതം ശീലിച്ചു പോകുന്ന ചേട്ടത്തിക്ക് ഈ നാട്ടിൻ ജീവിതം എത്ര ദുസ്സഹമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അച്ഛനാണെങ്കിൽ മണിക്കണക്കിന് എല്ലാം ചെയ്തു കഴിയുന്ന ഒരാൾ ഞാനാണെങ്കിൽ വെറും ഒരു നാടൻ പെണ്ണ് ചേച്ചിയുടെ വൈഷമ്യം മനസ്സിലാക്കണം പറഞ്ഞാൽ അർത്ഥമുള്ളൂ വെള്ളി വിഗ്രഹം ചേട്ടൻ സദാ കഴുത്തിലണിയണം നമ്മുടെ മുത്തശ്ശൻ യുദ്ധത്തിന് പോയപ്പോഴെല്ലാം ഇതണിഞ്ഞിരുന്നു ചേട്ടൻ ഒരിക്കലും ഇത് ദേഹത്തുനിന്നും മാറ്റരുതേ എനിക്ക് അത് ചെയ്യില്ലേ തീർച്ചയായും എല്ല അച്ഛ ഞാൻ യാത്ര പറയാൻ വന്നിരിക്കുകയാണ് പോകാനൊരുങ്ങിക്കഴിഞ്ഞോ പിതാ ഈ കവിളിൽ ചുമിക്കും നന്ദ നന്ദി എന്തിനച്ച ആവശ്യത്തിൽ കൂടുതൽ സമയം ചുറ്റിപ്പറ്റി നിൽക്കാത്തതിനാൽ ഒരു പെണ്ണിൻ്റെ പാവാടത്തുമ്പിൽ പറ്റി പിടിച്ച് നിൽക്കാത്തതിന് ഞാൻ ഈ കത്തെഴുതുമ്പോൾ പറയാനുള്ളത് പറയൂ ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും എൻ്റെ ഭാര്യയെ ഈ സമയത്ത് അവളെ എവിടെ ഏൽപ്പിച്ചിട്ടു പോകാൻ എനിക്ക് മടിയുണ്ട് അവളുടെ പ്രസവം എടുക്കുമ്പോൾ മാസ്കോയിൽ നിന്നൊരു ഡോക്ടറെ വരുത്തണം അതിൽ വലിയ അർത്ഥമില്ലെന്നെനിക്കറിയാം പക്ഷെ അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുകയാണ് ശരി അങ്ങനെ ചെയ്യാം ഇതൊരു തൊന്തരവാണ് അല്ലേ ഏതച്ഛാ ഭാര്യ എനിക്ക് മനസ്സിലായില്ല അച്ഛ പക്ഷേ എൻ്റെ കുഞ്ഞെ നിവൃത്തിയില്ല എല്ലാ പെണ്ണുങ്ങളും ഒന്നുപോലെ തന്നെ മാറ്റാൻ സാധ്യവുമല്ല പേടിക്കേണ്ട ഞാനിതാരോടും പറയുകയില്ല പക്ഷേ നിനക്ക് അനുഭവമുള്ളതല്ലേ എൻ്റെ അച്ഛരമില്ല അവൾ സ്മരിയാ ഞാനെല്ലാം ചെയ്യാം സമാധാനമായിരിക്കും ഇതാ ഈ കത്ത് കൂട്ടിച്ചോവിന് കൊടുക്കണം ശരി നിന്നെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും അധികനാൾ ഉപസേനാനിയായി നിർത്തരുതെന്നും എഴുതിയിട്ടുണ്ട് ഞാൻ അയാളെ ഓർമ്മിക്കുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നെന്നും പറയൂ നിന്നോട് അയാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് എനിക്ക് എഴുതണം അയാൾ നല്ലവനാണെങ്കിൽ അയാളെ ശരിയായി സേവിക്കെ ബോൾ കോൺസ്കിയുടെ മകനും അയാളുടെ കാലും പിടിക്കേണ്ട കാര്യമില്ല ഇനി അടുത്തുവാ എന്താണ് അച്ഛ നീ മടങ്ങി വരുന്നതിന് മുമ്പായി ഞാൻ മരിക്കുമെന്നത് തീർച്ചയാണ് ഇതാ ഇത് എന്റെ കാലശേഷം സാർ ചക്രവർത്തിക്ക് കൊടുക്കേണ്ട കുറിപ്പുകളാണ് ഞാനത് ചെയ്യാമച്ച ശരി ഇനി പോയി വന്നോർമ്മിച്ചു നീ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്കത് ദുസ്സഹമായിരിക്കും എന്നാൽ എന്റെ പുത്രൻ യോജിക്കാത്ത വിധം നീ പെരുമാറിയെന്ന് കേട്ടാൽ എനിക്കതിൽ പരം നാണക്കേടുണ്ടാവാനില്ല എന്നോടത് പറയേണ്ടതില്ല എനിക്കൊന്നുകൂടി പറയാനുണ്ട് എനിക്കൊരു മകൻ ഉണ്ടാവുകയും ഞാൻ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അച്ഛൻ അവനെ കൈവിടിയത് അച്ഛന്റെ സംരക്ഷണയിൽ തന്നെ അവനെ വളർത്തണം നിന്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന് അല്ലേ യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്ത്റപ്പെടാൻ സമയമായി കഴിഞ്ഞു ലീസ അരുത് കരയരുത് മേരി ഞാൻ പോയി വരട്ടെ ഓസ്ട്രലിറ്റ് യുദ്ധം ഓസ്ട്രിയയിലെ ഫ്രാൻസിസ് ചക്രവർത്തിയും റഷ്യയിലെ അലക്സാണ്ടർ സാറും ഒരുമിച്ച് നാപ്പോളിയന് യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചതിന്റെ ഫലമായി ഇരുകൂട്ടരുടെയും സേനകൾ ഓസ്ട്രലിറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിക്കഴിഞ്ഞു റഷ്യൻ സൈന്യാധിപനായ കുട്ടിസോവിന്റെ അഭിപ്രായത്തിനെതിരായുള്ള ഒരു പടനീക്കമായിരുന്നു അത് ഐക്യസേനകൾ താവളമടിച്ച സ്ഥലത്തിന് രണ്ടു മൈലകലെയായി ഫ്രഞ്ച് സേനയും താവളമടിച്ചിരുന്നു നാപ്പോളിയനെ നേരിട്ട് എതിർക്കുവാൻ കാലമായില്ലെന്നുള്ള കുട്ടിസോവിന്റെ അഭിപ്രായം മറ്റുള്ള സൈനിക ചെവിക്കൊണ്ടില്ല അവരെല്ലാം കുട്ടിസാവിന്റെ താമസസ്ഥലത്ത് കൂടിയിരിക്കുകയാണ് പിറ്റേ ദിവസത്തെ യുദ്ധത്തെപ്പറ്റി ആലോചിക്കുവാൻ കുട്ടിസാവു അലസനായ കസേരയിൽ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കുവാൻ നെപ്പോളിയന് കഴിയുമായിരുന്നെങ്കിൽ അയാൾ ഇന്നത് ചെയ്യുമായിരുന്നു ശരിയാണ് നമ്മെ കടന്നാക്രമിക്കാനുള്ള സൈനിക ബലം നെപ്പോളിയൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആക്രമണം കാത്തിരിക്കാനാണ് ഭാവമെങ്കിൽ അയാൾ കാത്തിരുന്ന് നശിക്കുകയേ ഉള്ളൂ അതാ നോക്കൂ ശത്രുവിന്റെ താവളത്തിൽ വെളിച്ചമില്ല എന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴങ്ങുന്നുമുണ്ട് എനിക്ക് തോന്നുന്നത് അവർ പിൻവാങ്ങുകയാണെന്നാണ് അത് അപകടമാണ് അല്ലെങ്കിൽ അവർ ടെറാസിലേക്ക് നീങ്ങുകയായിരിക്കാം അല്ല ജനറൽ കുട്സോ കൂർക്കും വലിച്ചുറങ്ങുകയാണോ ശത്രുക്കൾ സ്ഥാനം മാറ്റിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സമരപരിപാടിയിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല അതെങ്ങനെ നാളത്തേക്കുള്ള പരിപാടിയൊന്നും ഇപ്പോൾ മാറ്റാൻ സാധ്യമല്ല നിങ്ങൾക്കെല്ലാം അതെന്താണെന്നറിയാം നമുക്ക് നമ്മുടെ കടമ നിറവേറ്റാം ഒരു യുദ്ധത്തിന് മുൻപായി ഉറക്കം പോലെ മറ്റൊന്നും പ്രധാനമല്ല മണി ഒന്ന് കഴിഞ്ഞു ഇനി ഉറങ്ങാൻ പോകാം അതാ ആ അകലയുള്ള ആ കുന്നിൽ ിൽ കാണും താവളമായ കുന്നിലേക്ക് കയറിക്കഴിഞ്ഞാൽ കുന്നിന്റെ താഴ്വരയിൽ അവർ നമ്മെ വളയുകയാണല്ലേ നമ്മുടെ സേനയ്ക്ക് മുന്നറിവ് നൽകണം അങ്ങയുടെ കവളിൽ നിന്നും മുറിവേറ്റോ ഹൃദയത്തിലാണ് ഓടിപ്പോകുന്ന നമ്മുടെ സേനയെ കണ്ടിട്ടാണ് വരൂ അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞുർത്ത് തിരിഞ്ഞോടും നമ്മുടെ പടയാളികളെ തടഞ്ഞുർത്ത് വേഗം ചങ്ങാതിമാരെ കൊടിയുടെ അഭിമാനം ഇനി മാസ്കോയിലേക്ക് നോക്കാം പിയർ വാസിലിയുടെ മകൾ എലനെ വിവാഹം കഴിച്ചു യും പരിഷ്കാരണിയുമായ അവൾ പിയറിന്റെ ഭാര്യയായതിനു ശേഷവും പഴയപടി സൽക്കാരമേളങ്ങളിൽ ഭ്രമിച്ച് പലജാതി പുരുഷന്മാരുമായി കൂട്ടുകൂടി സ്വതന്ത്ര ജീവിതം നയിച്ചുപോന്നുമാരനെ കുറിച്ച് ആത്മാർത്ഥ സ്നേഹനായിരുന്നു പാവം മരിച്ചു എനിക്ക് യുദ്ധത്തിൽ ഒരു താല്പര്യവുമില്ല യുദ്ധത്തിന് പോകുന്നവര സ്നേഹവുമില്ല അങ്ങനെന്തിനാണ് ഇപ്പോൾ നാട്ടിൻപുറത്തേക്ക് പോകുന്നത് പറ്റില്ലേ ശേഷം ഞാൻ മടിപിടിച്ചു പോയെന്നാണ് എല്ലാവരും പറയുന്നത് ജീവിക്കാൻ പഠിച്ചു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ തനിച്ച് നാട്ടിൻപുറത്തേക്ക് പോകരുത് ഞാൻ കൂടി വരണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ട റഷ്യൻ പടയാളികൾ ഒന്നൊന്നായി അവരുടെ വീടുകളിലേക്ക് മടങ്ങി അക്കൂട്ടത്തിൽ നിക്കോളയുമുണ്ട് മാസ്കോയിലെ വീട്ടുവാതുക്കൽ അയാളെ വഹിച്ചുകൊണ്ടുള്ള കുതിര എത്തി േട്ടാ എന്റെ ചേട്ടാ എന്റെ കൊച്ചി ദൈവം എന്റെ ചേട്ടന് എനിക്ക് തിരിച്ചു തന്നല്ലോ ഇതിൽ കൂടുതലായി എന്ത് വേണം എനിക്ക് എന്റെ കൊച്ച നീറ്റി നിഷ്കളങ്ക നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ രക്ഷാകവചം എന്നെക്കാൾ കൂടുതൽ കരളു നിന്ന് പ്രാർത്ഥിച്ച ഒരാളിതാ നിൽക്കുന്നു ചേട്ടൻ പോയത് പിന്നെ സോണിയോട് കണ്ടു തോർന്നിട്ടില്ല ഉം ഞാൻ മടങ്ങി വരില്ലെന്ന് വിചാരിച്ചാണോ കരഞ്ഞത് സ്നേഹിക്കാൻ നിങ്ങൾ ഇരുവരും അമ്മയും ഉള്ളപ്പോൾ എനിക്ക് മടങ്ങി വരാ നോക്കൂ ചേട്ടൻ ആളാകെ മാറിപ്പോയി ഓഹ് ഇപ്പോൾ ഒത്ത പുരുഷനായി ഇല്ലേ സോണിയ ഞാൻ എനിക്കറിഞ്ഞു വിടാം ചേട്ടാ സോണിയോട് പ്രത്യേകം സംസാരിക്കാത്തതിന് പിണങ്ങിയതാണ് ഞാൻ ആരോട് പിണങ്ങാനാണ് എനിക്ക് എന്തവകാശം അല്ല പിണങ്ങി പോവുകയാണോ ചെല്ലണം ചേട്ടാ പുറകെ ചെന്ന് സമാധാനിപ്പിക്കണം പാവം എത്ര ദിവസമായി കാത്തിരിക്കണെന്ന് ചേട്ടനെ കാണാൻ പോണം മോസ്കോയിൽ തനി ചായയുടൻ എലൻ താന്തോണിയായി ജീവിക്കുവാൻ ആരംഭിച്ചു നിശാസൽക്കാരങ്ങളിലും നൃത്തമേളങ്ങളിലും നാടകശാലകളിലും അവൾ നിത്യസന്ദർശകയായി കുപ്രസിദ്ധനായ ഡൊളഹോവിൻ്റെ കാമുകയാണ് അവളെന്ന വാർത്ത അവസാനം ഭർത്താവായ പിയറിന്റെ കർണങ്ങളിലെത്തി കോപാന്തനായി തീർന്ന പിയർ ഡൊളഹോവിനെ ഒരു ദ്വന്നയുദ്ധത്തിന് വെല്ലുവിളിച്ചു ദ്വന്നയുദ്ധം നടന്നു പിയറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ വെടിയേറ്റ് ഡൊളഹോ നിലംപതിച്ചു എങ്കിലും പിയറിന് ആ വിജയത്തിൽ ആഹ്ലാദം തോന്നിയില്ല അയാൾ കൈത്തോക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു എന്നെ പരപരിഹാസത്തിനു പാത്രമാക്കി മുറിവേറ്റ ആ മനുഷ്യൻ എന്റെ കാമുകനാണെന്ന് പരസ്യപ്പെടുത്തി ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എങ്ങനെ സമുദായ തലയുയർത്തി നിൽക്കും മാസ്കോ മുഴുവൻ എന്നെ നോക്കിച്ചിരിക്കുകയാണ് സംസാരിക്കരുത് എന്നോട് ഇപ്പോൾ സംസാരിക്കരുത് എന്തിനു നിർത്തണം എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ നിങ്ങളെപ്പോലുള്ള ഭർത്താവ് ഉണ്ടായാൽ കാമുകനെ സ്വീകരിക്കാത്ത സ്ത്രീകളും ഉണ്ടാവില്ല പക്ഷെ ഞാനത് ചെയ്തില്ല എന്നിട്ടും നിങ്ങൾ ബഹളം എന്നെ അപമാനിച്ചു പരപരിഹാസത്തിന് പാത്രമാക്കി നാം തമ്മിൽ പിരിയുന്നാണ് ഭേദം പിരിയാനോ കൊള്ള ഒന്നാന്തര വാശയും പക്ഷേ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് തരണം ിയുടെ ഗ്രഹത്തിൽ സകലരും അയാളെ കുറിച്ചുള്ള യാതൊരു വിവരവും അറിയാതെ വിഷമിച്ചു കഴിയുമ്പോഴാണ് ബോൾക്കോൻസ്കി രാജകുമാരന് കുട്ടിസ്വാബിന്റെ ഒരു കത്ത് ലഭിച്ചത് എന്റെ കൺമുൻപിൽ വെച്ചാണ് അങ്ങയുടെ മകൻ ഒരു സേനാവിഭാഗത്തെ നയിച്ചുകൊണ്ട് കയ്യിൽ പതാകയും മേന്തി വീരോചിതമാം വണ്ണം വെടിയേറ്റ് നിലംപതിച്ചത് അയാൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അങ്ങയ്ക്കും തെറ്റ നാടിനും അഭിമാനിക്കത്തക്കവണ്ണമാണ് ആൻഡ്രി പെരുമാറിയതെന്നതിൽ സംശയമില്ല തടവുകാരുടെ കൂട്ടത്തിലും മുറിവേറ്റവരുടെ കൂട്ടത്തിലും ആൻഡ്രിയുടെ പേരിൽ നിന്ന് കുട്ടിച്ചോവ് എഴുതിയിരിക്കുന്നു രാക്ഷസന്മാർ സേന നശിപ്പിക്കുന്നു മനുഷ്യരെ കൊല്ലുന്നുലികൊടുത്ത റഷ്യയുടെ അജയ്യത അവസാനിപ്പിച്ച ഓസ്ട്രി യുദ്ധത്തിൽ ആ പരാജയത്തിൽ അവനും വധിക്കപ്പെട്ടു ഡോക്ടർ ഇതേവരെ വന്നില്ലേ ഇപ്പോൾ വരും ആ ധൈര്യമായി കിടക്കൂ ദൈവം ദയാനിധിയാണ് ഒരു ഡോക്ടറുടെയും ആവശ്യം വരില്ലേ ചേച്ചി അയ്യോ എനിക്ക് വയ്യ അയ്യോ എന്തൊരു വേദന അല്പം വേദന സഹിക്കാൻ സാധിക്കും അടങ്ങിക്കിടക്കൂ അതാ ഒരു വണ്ടി വരുന്ന ശബ്ദം ഡോക്ടർ ആയിരിക്കും ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം ഉറങ്ങാൻ പോയി ജ്യേഷ്ഠന്റെ ശബ്ദം അതാവൻ തരമില്ല അന്ന് രാത്രി ലിസ പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ അതിന്റെ ആഘാതം ആ ദുർബല ഹൃദയത്തിന് തങ്ങാനും കഴിഞ്ഞില്ല അതെന്നേക്കുമായി നിലച്ചു കർക്കശചിത്തനെന്ന് കുപ്രസിദ്ധനായ ആൻട്രിയുടെ അച്ഛൻ അയാളെ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു കാലം കടന്നുപോയി ആൻഡ്രി അധിക സമയവും നാട്ടിൻ പുറത്ത് അദ്ദേഹത്തിന്റെ തോട്ടങ്ങൾ സംബന്ധിച്ച ചില കാര്യങ്ങൾക്കായി റോസ്റ്റവ് പ്രഭുവിനെ സന്ദർശിക്കുവാൻ അദ്ദേഹം പോയി അവിടെ വെച്ച് അയാൾ നടാശയമായി കൂടുതൽ പരിചയപ്പെട്ടു എന്റെ ആത്മാർത്ഥമായി സഹതാവ് അങ്ങെ അറിയിക്കാൻ തരപ്പെട്ടില്ല ക്ഷമിക്കണം ക്ഷമാപണത്തിന് ആവശ്യമേയില്ല എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്നോട് സഹതപിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അങ് ആകെ മാറിപ്പോയി അങ് അനുഭവിക്കുന്ന മനോവേദന മുഖം നിറഞ്ഞു നിൽക്കുന്നു എന്തിനാണ് പിന്നെ ആരാണ് പീറ്റേഴ്സ്ബർഗിൽ ചക്രവർത്തിയെ ബഹുമാനിക്കുന്നതിനായി നടത്തുന്ന സൽക്കാരത്തിനങ്ങ് പോകുന്നില്ലേ നിശ്ചയിച്ചില്ല ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തിരിക്കും ആൻഡ്രിയുടെ പ്രവചനം തെറ്റിയില്ല സൽക്കാരത്തിന് ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞു ചെന്ന നട്ടാശയും സോണിയായും സകലനും ശ്രദ്ധിച്ചു സൽക്കാര തളത്തിൽ വെച്ച് നടന്ന നൃത്തമാളത്തിൽ നടാശയും ആൻഡ്രിയും ചേർന്നാണ് നൃത്തം ചെയ്ത് അതോടെ ആൻഡ്രി നടാശയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പിന്നീടുള്ള ദിനങ്ങളിൽ ആൻഡ്രി റോസ്റ്റവ് കുടുംബത്തിലെ നിത്യ സന്ദർശകനായി തീർന്നു പ്രേമത്തിന്റെ പൂങ്കാവിൽ ആൻഡ്രിയും രാജകുമാരൻ നിന്നോട് പ്രണയാർത്ഥന ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു സോണിയ അദ്ദേഹം വിഭാരനായതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ ഒന്നുമില്ല ഇപ്പോഴും യുവത്വവും മാറിയിട്ടില്ലാത്ത സുന്ദരനാണ് അദ്ദേഹം സോണിയ എനിക്കെന്തൊരു ഉത്സാഹം തോന്നുന്നുണ്ടെന്നാ അദ്ദേഹം വിവാഹാനുമതി വാങ്ങാനായി അദ്ദേഹത്തിന്റെ അച്ഛന്റെ അരികിലേക്ക് പോയിരിക്കയാണ് സോണിയ അദ്ദേഹം അനുമതി നൽകാതിരിക്കുമോ അയ്യോ എനിക്ക് എല്ലാം മംഗളമായി കലാശിക്കും നിന്നെ ഈശ്വരൻ ദുഃഖിപ്പിക്കയില്ല നമ്മുടെ വിവാഹം ഒരു വർഷത്തേക്ക് നീട്ടിവെക്കണമെന്നാണ് അച്ഛന്റെ തീരുമാനം വളരെ വേഗം കഴിഞ്ഞു പോകും അത് ഭയങ്കരമാണ് ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നാൽ ഞാൻ മരിച്ചു പോകും ഈ കാത്തിരിപ്പ് എനിക്കും ദുസ്സഹമാണ് നടാഷ പക്ഷേ അത് കൂടാതെ കഴിയില്ല ഒരു കൊല്ലം കഴിഞ്ഞ് എന്നെ നിന്റെ പ്രണയം കൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ ഒരു കൊല്ലം നീ സ്വതന്ത്രയാണെന്ന് കൂടി ധരിക്കണം ീ ഒരു കൊല്ലത്തിനുള്ളിൽ നീ എന്നെ പ്രേമിക്കാതെ ആവുകയോ മറ്റാരെയെങ്കിലും അങ്ങനെ കണ്ടു നിമിഷം മുതൽക്ക് ഞാൻ അങ്ങനെ ആരാധിക്കാണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ എന്ത് സഹിക്കാം എന്ത് ഞാൻ കാത്തിരിക്കാം നടാഷ പക്ഷേ നടാശയുടെ വാക്ക് ഫലിച്ചില്ല ആൻഡ്രി വിദേശ സഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൾ പിയറിന്റെ ഭാര്യയായ എലന്റെ ദുർവൃത്തനായ സഹോദരൻ കുറാഗിന്റെ പ്രേമ വലയിൽ കുടുങ്ങി വിവരമറിഞ്ഞ സോണിയ അവളെ ആ സാഹസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിവതി എത്തിച്ചു ഇത് ഭ്രാന്താണ് അയാൾ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നീ അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ കത്ത് വായിച്ചില്ലേ അയാൾ ഒരു വിടനാണെങ്കിൽ അദ്ദേഹം വിടനോ കഷ്ടം അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ രഹസ്യ കത്തുകൾ എഴുതുന്നത് എന്തുകൊണ്ടയാൾ പരസ്യമായി വീട്ടിൽ വരുന്നില്ല മാന്യമായ രീതിയിൽ വിവാഹാലോചന നടത്തുന്നില്ല ആൻ്റി നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടല്ലേ പോയത് ആ നിലയ്ക്ക് ഖുറാഗിന് നിന്നോടുള്ള പ്രണയം പരസ്യമായി പ്രഖ്യാപിക്കരുതേ ഇല്ല ഇതിലെന്തോ ചതിയുമുണ്ട് സോണിയ ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കുന്നു അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ നീ ആൻട്രിയെ ഉപേക്ഷിക്കാൻ പോവുകയാണോ അതെ അക്കഥ കഴിഞ്ഞു എന്നോട് ദേഷ്യം തോന്നരുത് ദേഷ്യമല്ല സഹതാവമാണ് തോന്നുന്നത് നടാഷ നിന്നെ അയാൾ നശിപ്പിക്കും നശിപ്പിക്കട്ടെ ഞാനതിന് തയ്യാറാണ് ുമായി ഒളിച്ചോടി പോകുവാൻ ഒരുങ്ങി വിവരമറിഞ്ഞ പിയർ മാസ്കോയിലെത്തി അയാളുടെ ഭാര്യ എല്ലനും വെച്ച് അയാൾ കുറാഗിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു ആ സംഭാഷണത്തിന്റെ ഫലമായി കുറാഗിൻ പിറ്റേ ദിവസം സ്ഥലം വിട്ടു നടാശ അയാൾ കയച്ച രഹസ്യ കത്തുകൾ പിയർ വാങ്ങി കുറാഗിൻ നേരത്തെ വിവാഹിതനാണെന്ന് പിയറിൽ നിന്ന് മനസ്സിലാക്കിയതോടെ നിരാശയായിത്തീർന്ന നടാശ ആത്മഹത്യക്കുരുങ്ങിയെങ്കിലും ഫലിച്ചില്ല അവൾ കഠിന രോഗത്തിന് ഇരിയായിത്തീർന്നു വിദേശ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആൻഡ്രിയെ സന്ദർശിച്ചതിനു ശേഷം നട്ടാശയെ കാണുവാനെത്തിൽ നിങ്ങളുടെ സ്നേഹനല്ലേ അദ്ദേഹത്തിനോട് പറയുമ്പോ എനിക്ക് മാപ്പ് തരാൻ അവസാനിച്ചെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ യഥാർത്ഥമായി പ്രേമിച്ചു എനിക്കറിഞ്ഞൂടാട്ടി നമുക്കതിനെപ്പറ്റി മേലിൽ സംസാരിക്കാതിരിക്കാം ഒന്ന് മാത്രം പറയട്ടെ എന്നെ ഒരു സ്നേഹിതനായി കണക്കാക്കൂ എന്തെങ്കിലും ഹൃദയം തുടർന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ എന്തെങ്കിലും സഹായമോ ഉപദേശമോ ആവശ്യമായി വരുന്നെങ്കിൽ ദയവായി എന്നെ വിളിക്കണേ ഞാനതൊരു ഭാഗ്യമായി കരുതും ഞാനിപ്പോൾ പോകുന്നു ഇനിയും കാണാൻ ഇടയാകട്ടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് സേന റഷ്യൻ അതിർത്തി കടന്നു എന്നറിഞ്ഞ സാർ ചക്രവർത്തി അതിൽ പ്രതിഷേധിച്ച് നാപ്പോളിയൻ അയച്ച ഫ്രഞ്ച് സേനയെ പിൻവലിക്കണമെന്നും അല്ലാത്ത ആ ആക്രമണത്തെ ചെറുക്കുവാൻ നിർബന്ധിതനാകുമെന്നും പ്രസ്താവിച്ചിരുന്നു അതിന് നാപ്പോളിയന്റെ മറുപടി ഞാൻ യുദ്ധം ആരംഭിച്ചെന്നോ പറയുന്നത് ഞാൻ കോടിക്കണക്കിന് പണം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇംഗ്ലണ്ടുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൂടിയാലോചനക്ക് ഒരുമ്പിടുകയാണ് അല്ലേ നിങ്ങൾക്ക് രണ്ട് ലക്ഷം പടയാളികൾ പോലുമില്ല എനിക്കതിൻ്റെ മൂന്നിരട്ടിയുണ്ട് നിങ്ങളെ ഞാൻ ഓടിക്കും ഡുനായിക്കപ്പുറം ഓടിക്കും നേപ്പിയറിനപ്പുറം ഓടിക്കും നിങ്ങൾ അത് യൂറോപ്പിൻ്റെ അതിർത്തി ഞാൻ പുനഃസ്ഥാപിക്കും എന്നെ ചെറുക്കുന്നതിൻ്റെ ഫലം റഷ്യ എന്ന ഭൂഖണ്ണം ഭൂപടത്തിൽ നിന്നും ഞാൻ തുടച്ചു മാറ്റും യുദ്ധം ഞാനൊന്ന് പറയട്ടെ ദുഃഖം മനുഷ്യനിർമ്മിതമല്ല അത് ഈശ്വരനിശ്ചയമാണ് മനുഷ്യർ ഈശ്വരന്റെ ഉപകരണങ്ങൾ മാത്രം അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തത് ആരെങ്കിലും ചേട്ടിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കണേ ക്ഷമിക്കണേ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ലേട്ട മാപ്പ് നൽകുന്നതിന്റെ ആനന്ദം യുദ്ധം ആരംഭിച്ചു പക്ഷേ നാലുലക്ഷം പടയാളികളുള്ള ഫ്രഞ്ച് സേനയുമായി ഏറ്റുമുട്ടുവാൻ റഷ്യൻ സേന തയ്യാറായില്ല ചില്ലറ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ട് ചെറിയ ജയം നേടുവാൻ റഷ്യൻ സേന തയ്യാറായെങ്കിലും വിധി നിർണായകമായ ഒരു വൻ പോരാട്ടത്തിന് നെപ്പോളിയൻ ഒരുപെട്ടപ്പോഴൊക്കെ റഷ്യൻ സേന പിൻവാങ്ങുകയാണ് സ്മോൾസ്കി നഗരത്തെ രക്ഷിക്കാനെങ്കിലും അവർ ഒരുപടുവെന്ന് നെപ്പോളിയൻ ആശിച്ചു പക്ഷേ ഒരൊറ്റ വെടി പോലും വിൽക്കാതെ അവർ മാസ്കോയിലേക്ക് പിൻവാങ്ങുകയാണ് ചെയ്തത് സർവ സൈന്യാധിപനാക്കപ്പെട്ട കുട്ടിസൌ ഫ്രേനയുമായി നടത്തിയ ഒളിച്ചുകളിയുടെ ഫലമായി ഫ്രഞ്ച് സേന അനുക്രമം കൂടുതൽ കൂടുതൽ റഷ്യക്കുള്ളിലായി സർവ സൈന്യാധിപനായ കുട്ടിസവ് ആൻഡ്രിയെ ആളയച്ചു വരുത്തി ശാന്തി ലഭിക്കട്ടെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവനാണ് നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ സഹതപിക്കുന്നു എന്നെ ഒരച്ഛനെ പോലെ കരുതിക്കൊള്ളൂ അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി നിങ്ങളെ എൻ്റെ കൂടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ നന്ദി പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ അങ്ങയെ പരിസേവിക്കുവാൻ എനിക്ക് ശക്തിയില്ല പോരെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സേനാവിഭാഗത്തെ വിട്ടുപിരിയാൻ വളരെ വിഷമമാണ് ഞാൻ അതുമായി അത്രമാത്രം ഇണങ്ങിക്കഴിഞ്ഞു നിങ്ങൾ എന്നോടൊന്നിച്ച് നിന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇവിടെ ധാരാളം ഉപദേഷ്ടാക്കളുണ്ട് കർമ്മകുശലന്മാരെ കണി കാണാൻ കൂടെ കിട്ടുകയില്ല ഉപദേശം നൽകുന്നവരെല്ലാം നിങ്ങളെപ്പോലെ പോർക്കളത്തിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ സൈന്യത്തിൻ്റെ നില എത്ര മെച്ചപ്പെട്ടേനെ ഓസ്ട്രേലിയ യുദ്ധത്തിൽ നിങ്ങൾ കൊടിയുമേന്തി മുന്നേറിയ കഥ ഞാൻ മറന്നിട്ടില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ നിങ്ങൾ സന്മാർക്കാരിയാണെന്ന് എനിക്കറിയാം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും യുദ്ധത്തിനും സമാധാനത്തിനും എന്നെ പഴിക്കുന്നവരുണ്ട് ഗുരുപറ്റം ഉപദേഷ്ടാക്കൾ അവരുടെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ നാം ഇന്ന് എന്താകുമായിരുന്നു അവർക്കെപ്പോഴും എന്തിനും ധൃതിയാണ് അവസാനം സാർ ചക്രവർത്തി തന്നെ സഹികെട്ട് കുട്ടിസോവിനോട് ആജ്ഞാപിച്ചു ബൊറോഡിനോയിൽ വെച്ച് ഫ്രഞ്ച് സേനയെ എതിർക്കണമെന്ന് കുട്ടിസോവ് അതിന് തയ്യാറായി യുദ്ധത്തിൽ ആൻഡ്രിക്ക് അതിഭയങ്കരമായ മുറിവേറ്റു ജയാപജയം നിർണയിക്കാതെയുള്ള ഉഭയകക്ഷികളുടെ പിൻവാങ്ങലിൽ കലാശിച്ച ആ യുദ്ധത്തിന് ശേഷം ഫ്രഞ്ച് സേന മോസ്കോയിലേക്ക് നീങ്ങി കുട്ടിസാവ് റഷ്യൻ സേനയുമായി മോസ്കോയിൽ നിന്ന് പിന്മാറുവാൻ നിശ്ചയിച്ചു സേനാനായകന്മാർ അതിൽ പ്രതിഷേധിച്ചു റഷ്യയുടെ പ്രാചീനവും പരിശുദ്ധവുമായ മോസ്കോ നഗരം രക്ഷിക്കണോ ഉപേക്ഷിക്കണോ അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം റഷ്യയുടെ പ്രാചീനവും അതിനെ രക്ഷിക്കുന്നതും പ്രധാനമല്ലേ റഷ്യയെ രക്ഷിക്കുന്നത് റഷ്യയുടെ രക്ഷ റഷ്യയുടെ സേനയെ ആശ്രയിച്ചിരിക്കുന്നു ആ സേനയ്ക്ക് നാശം സംഭവിച്ചേക്കാവുന്ന യുദ്ധത്തിൽ ഏർപ്പെടണോ അതോ യുദ്ധം കൂടാതെ മോസ്കോയിൽ നിന്ന് പിന്മാറണോ അതാണിപ്പോഴത്തെ ചോദ്യം മാന്യരെ ഉത്തരം പറയേണ്ടത് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു എനിക്ക് സേന മാത്രമല്ല മോസ്കോ നഗരത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും നഗരം വെടിഞ്ഞു നടാഷ അച്ഛനമ്മമാരോടും സോണിയയോടും ഒരുമിച്ച് മോസ്കോയിൽ നിന്നും യാത്ര തിരിച്ചു അവർ യാത്ര ചെയ്തിരുന്ന കുതിരവണ്ടിയോട് ഒന്നിച്ച് മുറിവേറ്റ ഭടന്മാരെ കൊണ്ടുപോകുന്ന കുതിരവണ്ടികളിൽ ഒന്നിൽ ആൻഡ്രി ഉണ്ടായിരുന്ന വിവരം സോണിയ അറിഞ്ഞെങ്കിലും നടാശയെ അറിയിച്ചില്ല ഒരൊറ്റ വെടി പോലും വിൽക്കാതെ മോസ്കോ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ നെപ്പോളിയന്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് മോസ്കോയിലെ പൗരപ്രതിനിധികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സേനാനികൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മ്ലാനമതനായി മടങ്ങിയെത്തി അവരോട് അദ്ദേഹം ചോദിച്ചു എന്താണ് ഇത്ര താമസിച്ചത് പൗരപ്രതിനിധികൾ ഇനിയും നിർജ്ജനമാണ് ഇവിടം പരിദ്ദേശിച്ചു എന്താ ഫ്രഞ്ച് പടയാളികൾ അവിടുണ്ടായിരുന്ന ആളുകളെ ഭയപ്പെടുത്തി ഭവനങ്ങൾ കയ്യേറി പട്ടാളവാഴ്ചയുടെ ഭീകരത്വം മാസ്കോ അനുഭവിച്ചു മാസ്കോ വെടിയാതിരുന്ന പിയർ നെപ്പോളിയനെ കൊല്ലുവാൻ നിശ്ചയിച്ച് ഒരു കൈത്തോക്കുമായി നടന്നെങ്കിലും അത് ചെയ്യുവാൻ സാധിച്ചില്ല ഫ്രഞ്ച് പടയാളികളിൽ നിന്ന് ഒരു റഷ്യൻ സ്ത്രീയെ രക്ഷിക്കുവാനൊരുമ്പെട്ട അയാളെ ആ പടയാളികൾ ബന്ധനസ്ഥി മോസ്കോ വിടിഞ്ഞു പോയ നഗരവാസികൾ വഴിമധ്യെ കണ്ടത് മോസ്കോ കത്തി നോക്കൂസ്കോ ദഹിക്കുകയാണ് പ്രിയപ്പെട്ട ഞങ്ങൾ നിന്നെ കൈപിടിഞ്ഞതിന് മാപ്പ് തരൂ നടന്നോട് അതിപ്രധാനമായ ഒരു കാര്യം പറയുവാനുണ്ട് എന്താണ് നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്താണ് പറയൂ നീ ബഹളം കൂട്ടരുത് സമാധാനമായിരിക്കണം എന്തിനാണ് ഈ മുഖവരെയൊക്കെ കാര്യം പറയൂ യുദ്ധത്തിൽ കഠിനമായ മുറിവേറ്റ ആൻഡ്രി രാജകുമാരൻ നമ്മോടൊന്നിച്ച് യാത്ര ചെയ്യുന്നു കെട്ടിച്ചമച്ച കഥയാണിത് ഞാൻ നിന്നെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞത് സത്യമാണ് മോസ്കോയിൽ നിന്നും പുറപ്പെട്ടത് മുതൽ അദ്ദേഹം നമ്മുടെ കടന്ന് എങ്കിൽ എന്തുകൊണ്ട് എന്നോട് നേരത്തെ ിത്തയാണോ ക്ഷമിക്കൂ നിന്നെ വിവരം അറിയിപ്പിക്കരുതെന്ന് നിന്റെ അച്ഛനും അമ്മയും എന്നോട് ആജ്ഞാപിച്ചു പക്ഷേ ഇനിയെങ്കിലും നിന്നെ അറിയിക്കാതിരിക്കുന്നത് മഹാപാതകമാണെന്ന് എനിക്ക് ബോധ്യമായി നടാശ അദ്ദേഹം തീരെ അവശനിലാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത് താമസിക്കുന്ന ഇതേ വീട്ടിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറെ ഇരുട്ടി ഉറങ്ങാൻ പോകാം അതാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഫലച്ഛയോടെ ഒരു പ്രത്യേക വസ്തുവിനെ ചൊല്ലിയുള്ളതല്ല നേരെ മറിച്ച് മരിക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്നതും ശത്രുവിനെ തോന്നുന്നതുമായ പ്രേമം അതാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അതിന് ഒരു പ്രത്യേക വ്യക്തി ആവശ്യമില്ല സ്നേഹിക്കാൻ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എല്ലാറ്റിനെയും സ്നേഹിക്കുക ഈശ്വരനെ തന്നെ സ്നേഹിക്കുക പ്രിയപ്പെട്ട ഒന്നിനെ സ്നേഹിക്കാൻ മാനുഷികമായ പ്രേമം മതി എന്നാൽ ശത്രുവിനെ സ്നേഹിക്കുവാൻ ദൈവിക പ്രേമം വേണം അതുകൊണ്ടാണ് എന്റെ ശത്രുവായി കരുതേണ്ട ആ ഖുറാകിനോട് സ്നേഹം തോന്നിയപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത ആനന്ദം അനുഭവപ്പെട്ടത് അയാൾക്ക് എന്തുപറ്റി അയാൾ ജീവിച്ചിരിപ്പുണ്ടോ സാധു ആര്യത് നെയ്യോ എനിക്കൊരാനന്ദം അടുത്തു വരൂ മാപ്പുത എനിക്ക് മാപ്പുതര ും കൂടുതലായി സ്നേഹിക്കാ ഞാനിനി അങ്ങനെ അവിടെ മാത്രം എന്റെ പേര് ഇരുട്ടപ്പേര് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടോ കുഞ്ഞേ കരയാതെ എന്റെ പൊന്ന് തങ്കം കരയാതെ കഷ്ടപ്പാട് കുറച്ച് സമയത്തേക്ക് മാത്രം ജീവിതമാകട്ടെ ശാശ്വതമാണ് ഇതാ ഇത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ആശുപത്രിയിൽ നിന്നും വിട്ട ഉടനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതെ അതെ ഏതായാലും ഇവിടെ അകപ്പെട്ടു ഇനി ഉറങ്ങാൻ നോക്കാം ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഈശുപുത്രനായ ക്രിസ്തുനിക്കോളെ ലാവറുള്ളവറോ പുണ്യവാന്മാരെ ഞങ്ങളെ രക്ഷിക്കണമേ കല്ലുപോലെ കിടന്നുറങ്ങാനും അപ്പം പോലെ ഉയർത്തി നീർക്കാനും എനിക്ക് സാധിക്കണമേ ഇതെന്ത് പ്രാർത്ഥനയാണ് അവയെല്ലാം കുതിരകളുടെ പുണ്യവാളന്മാരാണ് അസാധു മൃഗങ്ങളെ പറ്റി നാം ദാ ഇതാ ഒരു തള്ള ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്താടി സുഖമാണോ ആ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എങ്ങനെ ഇവിടെ എത്തി കരയരുത് ആ ഡോഷയെ കണ്ടുപിട്ടിച്ച് നീയതി വിചിത്ര രീതിയിൽ ഞങ്ങളെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നു അവളാണ് എന്നെ ശുശ്രൂഷിക്കുന്നത് ഓ കുഞ്ഞിനെയും കൊണ്ടുവന്നോത്ത അടുത്തുവാൻ മധുരട്ടെ നീ എന്തിനാണ് കരയുന്നത് ഈ കുഞ്ഞിന്റെ ഭാവി ഓർത്തീ നീ സുവിശേഷം വായിച്ചിട്ടില്ലേ അവൻ വൃതയ്ക്കുന്നില്ല കൊയ്യുന്നു പിതാവ് അവരെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകൂ നടു ഞാൻ അവയെ ഒന്ന് ചുമിക്കട്ടെ പ്രിയപ്പെട്ട നടാഷ എനിക്ക് ആനന്ദം കൊണ്ട് കരയാൻ തോന്നുന്നു നടാഷ എന്താണത് പ്രേമം മരണത്തിൻ്റെ നിഷേധമാണ് പ്രേമം ജീവിതമാണ് എല്ലാം എനിക്ക് മനസ്സിലാകുന്നു കാരണം ഞാൻ പ്രേമിക്കുന്നത് തന്നെ എല്ലാറ്റിനെയും പരസ്പരം ബന്ധിക്കുന്നത് പ്രേമമാണ് പ്രേമം േമത്തിന്റെ ഒരംഗം മാത്രം അനാദ്യന്തമായ പ്രേമത്തിന്റെ പ്രേമത്തിലേക്കുള്ള ഒരു മടങ്ങി പോക്ക് ഇനിയെങ്കിലും ഒന്നും ഉറങ്ങാൻ ശ്രമിക്കില്ല ഞാൻ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു നട ള്ളി തുറന്ന് മരണമകത്തേക്ക് പ്രവേശിച്ചു നിർത്താനുള്ള എന്റെ ശ്രമങ്ങൾ ശബ്ദമായി അതകത്ത് കടന്നു ഞാൻ ഞാൻ മരിച്ചു പക്ഷേ അപ്പോഴും എനിക്കറിയാമായിരുന്നു ഞാൻ ഉറങ്ങുകയാണെന്ന് ഞാൻ ഞാൻ ശ്രമിച്ചു ഞാൻ ഉണർന്നു അതെ അതെ ഉണർവാണ് Esto, se, ¿Que? ¿Que ¿Que ം പറയ എന്തുപറ്റിശ്വരം പ്രേമ പ്രേ എല്ലാ കടിക്കും ജനശൂന്യമായ മോസ്കോയിലെത്തിയ റഷ്യൻ സേന ഭക്ഷണദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ടു ഭക്ഷണ സാധനങ്ങൾ നഗരത്തിലില്ലെന്ന് മാത്രമല്ല നഗരത്തിന്റെ പഗദിയും അഗ്നി കിരയുമായി നേരിട്ട് യുദ്ധം ചെയ്യാത്ത ശത്രു തന്നെ തോൽപ്പിക്കുകയാണെന്ന് ബോധ്യമെന്ന നെപ്പോളിയൻ സന്ധ്യസംഭാഷണത്തിനായി കുട്ടിസോവിനെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം അതിന് സന്നദ്ധനായില്ല നെപ്പോളിയൻ മോസ്കോയിൽ നിന്നും പിന്തിരിവാനുള്ള ആജ്ഞ നൽകി കൊണ്ട് അവർ മോസ്കോയിൽ നിന്നും യാത്ര ആരംഭിച്ചു ആ വിവരം അറിഞ്ഞപ്പോൾ കുട്ടിസോവ് തൊഴുകൈകളോട് പറഞ്ഞു ആ മടക്കയാത്ര ഒരു പേക്കിനാവ് പോലെ ദുസ്സഹമായിരുന്നു മഞ്ഞും മഴയുമേറ്റ് പലരും വഴിമധ്യയെ അവശരായി വീണ് മരിച്ചു ക്ഷീണിച്ചു തളർന്ന ഫ്രഞ്ച് സേനയെ വഴിമധ്യയെ കൊസാക്കുകൾ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു പിയറിനെയും മറ്റുള്ള റഷ്യൻ തടവുകാരെയും കൊസാക്കുകൾ മോചിപ്പിച്ചു തന്റെ മഹാസേനയിൽ മിച്ചം വന്ന ഏതാനും പടയാളികളുമായി നെപ്പോളിയൻ റഷ്യ എന്നയ്ക്കുമായി വിട്ടുപോയി റഷ്യക്കാർ മാസ്കോയിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി തട്ടി തകർത്ത എറുമ്പിൻകൂട്ടിലേക്ക് എറുമ്പുകൾ ഇരിച്ചു കയറുന്ന പോലെ അല്പ ദിവസങ്ങൾക്കുള്ളിൽ മാസ്കോ പഴയപടി ജനനിമിടമായി മാസ്കോയിലെത്തിയ പിയർ മേരിയായുടെ പാർപ്പിടത്തിൽ വെച്ച് നടാശയെ വീണ്ടും കണ്ടുമുട്ടി നടന്നതെല്ലാം അയാൾ മേരിയെയും നടാശയെയും പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടിട്ട് നടാശ പറഞ്ഞു ഇല്ല മുഴുവനായിട്ടില്ല നിങ്ങൾ മഹൽ കൃത്യങ്ങൾ ചെയ്തിരിക്കും നിശ്ചയം പക്ഷേ തടവുകാരനാക്കപ്പെട്ടതിന് മുമ്പ് കഴിഞ്ഞതുപോലെ കഴിയണോ അതോ വീണ്ടും തടവുകാരനായി തീവ്രയാതന അനുഭവിക്കണോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തെ ഓർത്ത് എന്നെ വീണ്ടും തടവുകാരനാക്കൂ ആ യാതനകളെല്ലാം വീണ്ടും അനുഭവിക്കാൻ അനുവദിച്ചു എന്ന് പരചിതമായ ജീവിതമാർഗ്ഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എല്ലാം നശിച്ചതായി നാം കരുതുന്നു പക്ഷെ അത് ഗുണകരവും നവീനമായ മറ്റൊന്നിലയ്ക്കുള്ള മാറ്റവും മാത്രമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല ജീവിതം ഉള്ളിടത്തോളം കാലം ആനന്ദവുമുണ്ട് അല്ലേ നട്ടാഷ അതെ അതെ ഞാൻ ആശിക്കുന്നു ഒന്നു മാത്രം കഴിഞ്ഞതല്ല ഒരിക്കൽ കൂടി സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ല ഒരു നാൾ സമയമായി ഞാൻ പോട്ടെ ഞാനും പോകട്ടെ നിൽക്കു എന്താണ് അവൾ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട് എന്ത് വാസ്തവം എങ്ങനറിയാം ഞാൻ ആശിക്കട്ടെയോ നിശ്ചയമായിട്ടു എങ്കിൽ എങ്കിൽ ഞാൻ എത്ര ഭാഗ്യവൻ അവളെ കണ്ട നിമിഷം മുതൽക്ക് ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയതാണ് അത് സഫലമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവളോട് പറയാം എല്ലാംളമായി കലാശിക്കും അതെ എല്ലാം മംഗളമായി കലാശിച്ചു പിയർ നട്ടാഷയെ പരിണയിച്ചു നട്ടാഷയുടെ സഹോദരൻ നിക്കോളെ മേരിയെയും യൂറോപ്പിന്റെ ചരിത്ര സാഗരത്തെ കൊടുങ്കാറ്റും അവസാനിച്ചു ആ സാഗരം പ്രശാന്തമായി യുദ്ധം സമാധാനത്തിൽ കലാശിച്ചു നിങ്ങൾ ഇതുവരെ കേട്ടത് നാഗവല്ലി ആർ എസ് എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച യുദ്ധവും സമാധാനവും എന്ന ടോൾസ്റ്റോയിയുടെ ലോകപ്രസിദ്ധമായ നോവലിൻ്റെ നാടകീയാവിഷ്കരണം ഇതിൽ പങ്കെടുത്തവർ കുമാരി സുലോചന അടൂർ പങ്കജം രാജകുമാരി സി രാധാദേവി കെ ദേവകിയമ്മ സി ഐ കൈനിക്കര കുമാരപിള്ള ടി ആർ നായർ പി കെ നായർ എൻ സി കൃഷ്ണപിള്ള പി കർമ്മചന്ദ്രൻ എബ്രഹാം ജോസഫ് ടി കെ മാധവൻ നായർ പി ഗംഗാധരൻ നായർ കെ ജി സേതുനാഥ് എന്നിവർ